ും നികുടയോനുമാ അത്യമാറി ഉണർന്നൊള്ള ഇരപി മൊഴി ആണെ നിശ്ചയമാക്കിയിരിക്കും നിശ്ചയമാ തായ്നൂലിൽ ഇതുവരെ വേദങ്ങളിൽ മിക്ക മേലാതും മിക്കതും ആകും മീറിയ സമൂഹത്തരായി വിട്ടീകാരത്തും ഉപദേശത്തെ ഉണ്ടെ വിട്ട് നാം അകറ്റി വിടുവോമാൻിയും മുൻ ഇരുന്നോം നാം എത്തെയോ തൂത അനപ്പിരുക്കോ ആനാ അവം വന്ന നബി ഒരവരെയും അവർ പരീഹാസം ചെയ്യാതിരിക്കിനും ഇവകളെ വിട മിക്ക ബലശാലികളാണ് അവർ പിളിയാ പിഴിത്ത് നാം അഴിത്തരക ഉൻ ഇരുമ്പോരൻ ഉദാഹരണം നടന്നേ നബിയേ അവർ വാനങ്ങളെയും ഭൂമിയെയും പഠിത്തവൻ യാർട്ടി യാവരെയും മികത്തവനും എല്ലാവരെയും അറിന്തോനുമാകിയ അവനേ അവ പഠിപ്പി നിശ്ചയമാനേ ഭൂമിയെ ഉരിപ്പാ ആക്കി അതിൽ നിങ്ങൾ വരുമ്പിയ ഇടത്തു ചെല്ലും പൊരുട്ട് വഴികളെയും ആക്കിനാണ് അവൻതാൻ വാനത്തിലിരുന്ന് മഴയെ അളവോട് ഇറക്കി വെക്കാൻ പിന്നെ കൊണ്ട് ഇറന്ന് കിടന്ന ഭൂമിയെ നാം താമ ഉയ്പ്പിക്കോ ഇവറേം മരണത്തിപ്പിൻ ഉയർപ്പെടുത്തപ്പെട്ട വെളിപ്പെടുത്തപ്പെടുവീ അവൻതാൻ ജോഡികൾ യാവയും പഠിത്ത ഉണ്ടെന്നും സവാരും കാലനടുകളെയും ഉണ്ടാക്കിനു അവൻ മുത് മീത് ഉന്നൊക്ക അവ അമർന്നതും ഉൾപ്പെടെ അരുള നൂർ മീഡിയ ശക്തി അറ്റവുകള എങ്ങൾക്ക് ഇതായി വശപ്പെടുത്തി തന്ന അവവൻ മിക്ക പരിശുദ്ധമായവൻ മേലും നിശ്ചയമാ നാം എങ്ങൾ ഇളവനിടത്തിൽ തുമ്പി ചെൽപാൽ എന്ന് പ്രാർത്ഥിത്തൂറവും അവ അവർ അവനുടേ അടിയാറുകളിൽ ഒരു പകതി അവനുക്ക് പെൺ സന്താ മനുതൻ ബഹിരങ്ക പെരും നന്വന അല്ലെ താൻ പഠിത്തതിലിന് അവൻ തനക്കെ പെൺമക്കളെ എടുത്തക്കൊണ്ട് ഉണ്ടു ആൺമക്കളെ തേർന്നെടുത്ത് വിട്ടാനാ ഇരുപ്പിനും അവഹ്മാനുക്ക് സന്തതിയായി അവർ ഒപ്പാകും ഒരു പെൺ കുഴി ഒരുവനുക്ക് പാർട്ടി നന്മാരായം അവനുക്ക് ഏർപ്പെടും കോപത്താലും ദുഃഖത്താലും അവനുടേ മുഖം കറുത്ത് വിടുക ആഭരണങ്ങളെ കൊണ്ട് അലങ്കരിക്കും വിവകാരങ്ങളെ ഒന്നിനെയും അടിയാകളാകിയ മലക്കുകളെ അവർ പെൺകളാ അവർ അടയ്ക്കപ്പെട്ട ഇവർ പാട്ട് കൊണ്ടിരുന്ന അവർ സാക്ഷ്യം പതിവ് ചെയ്തു വയ്ക്കപ്പെട്ട് അവർ കേൾവി കേൾക്കപ്പെടുവീലും അറഹമാ നാടി അവക്കോം അവർ അവർ അറിവും ഇല്ല അവർ കൂറുക അവ കൊള്ളതൊരു വേഗത്തെ കൊടുത്തോമാ അപ്പടി അല്ല അവർ കൂടു കിട്ടയ മൂതാധികളെ ഒരു മാർക്കത്തിൽ കണ്ടോം നിശ്ചയമാടിച്ചുവടുകളെയേ പിൻപറ്റോം ഇവറേ ഉമുക്ക് മുൻ നാം നമ്മുടെ തൂതരെ എന്ത ഊരുക്ക് അനപ്പിനും അവർവന്ത നിശ്ചയമാരെ ഒരു മാര്ക്കത്തിൽ കണ്ടോ നിശ്ചയമാടി ചുവടു കളയെ പിൻപറ്റോം എന്ന് കൂരാതിരുക്കില്ല അപ്പോഴത് അത്തൂതർ ഉൾപ്പെടെ മൂതാദയരെ എന്ത് മാര്ക്കത്തിൽ കണ്ടീകളോ അതെവിടെ മേലാ നേർവഴിയെ നാം ഉണ്ടോലുമാ നിശ്ചയമാാൽ എതൈക്കൊണ്ട് നിങ്ങൾ അനുപെട്ടിരിക്കോ അതെ നിരാകരിക്കോന്നാം അവം പഴി നീർത്തോ ഇവർ നിരാകരി കൊണ്ടിരുന്നവരും മുടി എന്നുപതെ കവനിപ്പീറിയും ഇബ്രാഹീം തം തന്നെയും തമൂഹത്തവുകളെയും നോക്കി നിശ്ചയമാവെ വിട്ടും വിലകൊണ്ടേൻ കൂറിയതയും എന്നെ പഠിത്താനേ അവനെയേ നാ വറങ്ങുക അവനെ ഇനക്ക് നേർവഴി കാണിപ്പാൻ കൂറിയതായി നിലവൂർ വീം തന്നെ അല്ലാഹുവൊരു ഇബ്രാഹിം തൗഹീതൈ അവ നിലയാണ് വാക്കാ ഏർപ്പെടുത്തിനാണ് ഇവകളും ഉമ്മയും തെളിവാന തൂതരും വരും വരെയും ഇവരുടെ മൂതാദയരെയും സുഖം അനുഭവിക്കും ആനാ ഉന്മ വേദം അവം വന്നപോലും ഇത് ശൂന്യമേതാ നിശ്ചയമാരാകരിക്കോം അവർ കൂറിനും അവർ കൂടുതൽ ഇവരണ്ട് ഊറുകളിൽ മനുഷ്യർ മീഡിയപ്പെട്ട കൂടാതെ ഉള്ള ഇളവനും നല്ലൊരു ഇവകളാ പങ്കിടുകൾ ഇവരുടെ ഉലകത്തേ ഇവർ ഇടയെ നമേ പങ്കിട്ട് ഇവർ ചിലരെ ഊഴിയത്തി വയ്ക്കൊള്ളും പൊരുട്ട് ഇവകളിൽ തരങ്ങളിൽ നാം ഉയർത്തിയോ ഇളവനും അവർ ശേഖരിച്ച് വൈത്തു കൊണ്ടിരുന്നതാകും നിരകരി പോൽ കണ്ട് മനുഷ്യർ നിരാകരി സമുദായമാകി വിടുവീൻ എന്നതെ ഇല്ലാവിട്ടാൽ അവൻ വീട്ടു മുഗടു അവർ ഏറെച്ചെല്ലും പടികളെയും നാം വെള്ളിയാളാക്കിപ്പോലുകളെയും അവർ സായ് കൊണ്ടിരിക്കും കട്ടിലുകളെയും അവറേ ആക്കിപ്പോ തങ്കത്താലും അവറ്റ ആക്കൊടുത്തോ ആണോ ഇവയെല്ലാം ഇവ ഉലകളിലുള്ള നിലയില്ലാ അർപ്പസുഖങ്ങളെ അഞ്ചേറില്ല ആണോ മർമ്മയ വാഴ ഉം ഇറവം ഭയഭക്തി ഉള്ളവർക്ക് താം യവനൊരുവൻ അഹ്മാനിയൻ നല്ലുപദേശത്തെ വിട്ടും കണ്ണെ മൂടിക്കൊള്ളവാനോ അവനുക്ക് നാം ഒരു ഷൈതാനെ ഏർപ്പെടുത്തി വിടുക അവൻ ഇവ പുറക്കണിത്തവനെങ്ങിയനാ ആക്കി വിടാം ഇന്നും അത് ഷെയും അവരാണ് പാതയിലിന് തടുത്ത് വിടുക ആനാലും താങ്കൾ പാതയിൽ അവർ എണ്ണിക്കൊളി എ അത്ത നമ്മുടെ വരുംപോലും ഷെയതാനിടം കൂടുവാണ് ആ ഇനക്കിടയിലും ഉനക്കിടയിലും കിഴക്ക് ദിശയ്ക്കും മേക്കു ദിശക്കും ഇടയെ ഉള്ള ദൂരം ഇരുന്നേ എങ്ങനെ വഴികെടുത്ത നികവും കെട്ടവൻ അപ്പോൾ അനുയായം ചെയ്താൽ ഇന്ന് ഉണ്ടു നിശ്ചയമായ യാതൊരു പയനും വേദനയിൽ കൂട്ടാളികളായി അവർ ആകേ നബിയേർ കേറു ചെയ്യ മുട കുരുടനെയും ബഹിരങ്ക വഴികേട്ടിൽ ഇരുപ്പവനെയും നേർവഴിയും ഉമ്മ നാം ഇവ ഉലകെ വിട്ടും എടുത്തക്കൊണ്ട പോലും നിശ്ചയമാ നാം അവർപ്പോ അല്ല അവ എ കാണുംപടി ചെയ് നിങ്ങൾ മീത് ആറ്റലുടയോരായി നബിയേ ഉമുക്ക് വക അറിവിക്കപ്പെട്ടതായി ബലമാ പറ്റി പിടിച്ച് കൊള്ളും നിശ്ചയമാർ നേരാന പാതയ മീതേ ഇരുക്കീർ നിശ്ചയമാരുക്കും കീർത്തി അളിക്ക് ഉപദേശമാക്ക ഇത് പറ്റിയത് പറ്റി വിസാരിക്കപ്പെടുവീ നമ്മുടെ തൂതേ നാം അവർഹ്മാലയ വഴങ്ങൾ നാം ഏർപ്പെടുത്തിനോ കെപ്പീരാ നമ്മുടെ അത്താക്ഷികളും അവനും അവനുടേ തലവുകളും തട്ടി വെപ്പോ അവർ അവയ അഖിലങ്ങളിൽ ഇറവനാൽ അനുപാട്ട തൂതൻ ആവേൺ അവം നമ്മുടെ അത്താക്ഷികളെ അവർ കൊണ്ടുവന്ന പോലും അവർ അവർ ആനാൽ നാം അവട്ടിയ ഒര് അത്താക്ഷിയും അടുത്തതായി മികവുപരിയതാ അവൾ പാവത്തിലിരുന്ന് മീൽവെ ഇലേസാന വേദനയെ കൊണ്ടേ പിടിത്തോലും അവർ ശൂന്യകാലരേ ഉം ഇറവൻ ഉമ്മടം അറിവിമാനം ചെയ്തതാൽ നീർ എങ്ങൾ ഉമ്മ അഴൈത്ത് പ്രാർത്ഥ്യും നിശ്ചയമാേർവഴിയെ പെട്ടവിടുവോം എന്ന് കൂറിനാ നാം അവദനയെ നീക്കിയതും അവർ തങ്ങൾ വാക്ക് മുറിച്ച് വിട്ടാൽ ഫ്രൗൻ തൻ സമൂഹത്താരിടം പരെ സാറ്റിനാൻ എന്ന സമൂഹത്തവറേ ഇന്നിസർ എഹിപ്തീൻ എന്ന എൻ മാളിക അടിയ ഓടിക്കൊണ്ടിരിക്കും നീല നടിയൻ ഇക്കാൽവായും ആക്ഷിക്ക് ഉൾപ്പെട്ടവയ പാർക്കില്ല അല്ല ഇഴിവാണും തെളിവുകേശ ഇയലും ആകിയ ഇവരെവിടെ നാൻ മേലാവൻ ഇല്ലയോ എന്നെവിടെ ഇവർ മേലായിരുപ്പവർക്ക് പൊന്നാലാകിയ കങ്കണങ്ങൾ അണിവിക്കടില്ല അല്ലത് അവരുടെ വഴക്ക് കൂട്ടമാ വരവേണ്ടാ ഇവറാ അവൻ തൻ സമൂഹത്താരെ അവ അറിവെ ഇലേസാ മതിത്താൻ അവനുക്ക് അവഴ്പ്പണിന്ന് വിട്ടാൽ നിശ്ചയമാരമ്പ സമൂഹത്താകും ആകിവിട്ടു പിന്നെ അവർ നമ്മൾ കോപിയ പോ അഞ്ചെയും അവർ യും മൂഴ്കടിപ്പോ ഇന്നും നാം അവന മുൻ വരുവോരു ഉദാരണവും ആക്കിനോർ ഇന്നും മറിയമുടേ മകനെ ഉദാരണമാക്കൂപോ ഉമ്മടിയ സമൂഹത്ത പരിഹസിച്ച് ആർപ്പനിത്തേലും എങ്ങൾ ദൈവങ്ങൾ മേളാ അല്ലത് അവർ മേളാ അവർ കേൾക്കാൻ അവരെ വീൺ തർക്കത്തിനാ ഉമ്മടം ഉദാഹരണമായി എടുത്തക്കൊളി ആകെ അവർ വിരന്താവാദം ചെയ്യും സമൂഹത്താരേ ആവർ അവർ ഈസാ നമ്മുടെ അടിയാരേ അല്ലേ അവരുടെ നാം അരുക്കുടയെന്ത്സ്ായേലിന് സന്തരിയാ അവരെ നല്ല ഉദാരണ ആക്കിനോ നാം വരുമ്പോ ഉണ്ടിടേ ഭൂമിയും നാം മലക്കുകളെ ഏർപ്പെടുത്തി അവക്കിരുപ്പോ നിർ ഇറിക്കാലൂറി അത്താക്ഷി ആവർ ആകെ നിശ്ചയമാന്ടാം എന്നെയേ പിൻപറ്റുകൾ ഇതുവരെ നേരാന വഴി അഞ്ചിയും ഷൈതാൻ ഉണ്ടെ നേർവഴിയെ വിട്ടും തടുത്തുവിടാതിരക്കട്ടും നിശ്ചയമാൻ ഉൾക്ക് ബഹിരംഗമായ വരോധിയാകേക്കും അത്താക്ഷികളുടൻ വന്നപ്പോൾ മെയ്യാ നാം ഉണ്ടാവു ചിലവെ ഉളക്കി കൂടുവേ ആകെ അല്ലാഹുവിടം ഭയഭക്തീഴിയുണ്ട് കൂറിനാ നിശ്ചയമാൻക്കും ഇറവൻ ഉണ്ടെന്നും ഇവൻ ആകെ അവനെയേ വണങ്ങുണ്ടാവും ഇത് മുസ്തകിയഴി ആടേണ്ട പല പ്രിവിനു മാറു അനുയായം ചെയ്തേ അവർക്ക് നോവിലെ തരും വേദനയു കേടുതാ ഉണ്ടാകും തങ്ങളുക്കേരി വിധത്തിൽ ആ ഇവർക്ക് ഇതിനെ വരുവെ തവര വേറെടേയും ഇവർ എതിർപാർക്കാ ഭയഭക്തി ഉടയവർക്കെ തവര നമ്പറേ അന്നാളിൽ ചിലർക്ക് ചില പകൈവുകള ആകിവിടുവേ ഭയമ ഇല്ല ദുഃഖപ്പെടവും മാറ്റീരികൾ അല്ലാഹു അറിയിപ്പ് വരും ഇവർ താങ്കൾ മീഡിയ ഈമാൻ കൊണ്ട് മുറ്റിലും വഴിപെട്ട് നടന്ന മുസ്ലിമുകളായി ഉൾപ്പെ അവർക്കത്തിൽ നുഴയുങ്ങൾ മറമയിൽ അവരപ്പെടും പൊൻ തട്ടുകളും കിണ്ണങ്ങളും അവർക്കൊണ്ടേ ഇന്നും അങ്ങു അവർ മനം വരുമ്പതും കണകൾക്ക് ഇൻപം തരുവും തങ്ങി അവർ ചെയ്തുകൊണ്ടിരുന്ന നന്മയാണ് കാരണമാർഗ്ഗത്തെ അനന്തരം കൊണ്ടിരുന്നത് ഉണ്ടാക്കാമ ക ഉൺവീർ കൂടപ്പെടും നിശ്ചയമാ കുറ്റവാളികൾ നരക വേദനയിൽ എന്തെങ്കിലും തങ്ങിപ്പ് അവർ അവതോ അനുയായമും ചെയ്യാൽ അവർ തമക്ക് താമേ അനുയായം ചെയ്തു കൊണ്ടവുകളേലും അവർ നരകത്തിൽ യാളിക് ഉൾ ഇൻ എല്ലെ മുടി വിടട്ടുമേ സപ്തം ഇടുവെ അതൊക്കെ അവർ ിലെത്തവുകളേർ നിശ്ചയമാ നാം ഉങ്ങളുടെ സത്യത്തെ കൊണ്ടുവന്നോ ആനാ ഉള്ളിൽ പെരുമ്പോ സത്യത്തെ വെറുക്കവുകളും കൂടപ്പെടും അല്ലത് അവർ മക്കത്തക്കാൾ ഏതാവും മുടി കട്ടിരിക്കാൽ അനു കാര്യങ്ങളും മുടി കട്ടുക അല്ലെങ്കിൽ അവരുടെ രഹസ്യത്തെയും അവർ തനിത്തിരുന്ന് കൂടി പേശുവും നാം കേൾക്കില്ല എണ്ണിക്കൊണ്ടാകാം അല്ല നം തൂതും എഴുതി കൊള്ളു നവിയേർ കൂറും ഒരു സന്തതിമാണാൽ അതായി വണങ്ങുവോരീൽ നാനേ മുതന്മയാനവനാ വാനങ്ങളും ഭൂമിക്കും റപ്പാണവൻ അറുക്കുറപ്പാൻ അത്ത ഇറവൻ അവനുക്ക് സന്തതി ഉണ്ടെന്ന് അവർ വർണ്ണിപ്പതായി വിട്ടും മഹാ പരിശുദ്ധമായവൻ അവർക്ക് വാക്കിക്കപ്പെട്ട അവരുടെ വേദനയെ നാളെ അവർ സന്ദി വരെ അവർ വീൺ വാദത്തിൽ മൂഴി എടുക്കവും വിളയാട്ടിൽ കഴിക്കവും നബിയേർ വിട്ടുവിടും അഞ്ചെയും അവനെ വാനത്തി നായനും ഭൂമിയൻ നായനും ആവാൻ മേലും അവനെ ഞാനമിക്കോം യാവും നന്ദി അവൻ പെരുമ്പാ ഉടയവൻ വാനങ്ങൾ ഭൂമി ഇവ ഇരണ്ട് ഇടയെ ഉള്ളവിയവൻ ആക്ഷി അവനുക്ക് അല്ലാഹ് അത് ഇവങ്ങളോ അവനം അവ പരിന്ന്ശ അധികാരം ഉള്ളവയല്ല ആണോ ഇവർ സത്യത്തെ അറിഞ്ഞ് ഏറ്റവുകള സാക്ഷ്യം കൂടുതൽ ഇതായി അനുമതി കൊണ്ട് പരിന്ന് അവർ യർ അവ പഠത്തത് എന്ന് കെട്ടാൽ അല്ലാ അവൾ നിശ്ചയമാവർ ഇരുമ്പോൾ അവനെ വിട്ട് അവൾ എങ്കിൽ തൃപ്പപ്പെടുകേ നിശ്ചയമാവിക്കാ സമൂഹത്താറു ഇവർക്കാൾ എന്ന് നബി കൂടുതൽ ഇവൻ അറിക അവ പുറക്കണിത്ത് സലാമുൺ ഉമയെ പിന്നെ അറിഞ്ഞുകൊള്ളവർ